സത്യനിഷേധികൾ പറഞ്ഞു ഞങ്ങളെ വഴിതെറ്റിച്ച ജിന്നുകളിൽ നിന്നും മനുഷ്യരിലുമുള്ള ആ രണ്ടുപേരെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ രക്ഷിതാവേ അവരെ ഞങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾ കടിയിലാക്കാം അങ്ങനെ അവർ ഏറ്റവും അധമമായി തീരട്ടെ